അല്ലാതിലിംഗ പ്രവാചകണ്ണ പിഹമ്മഫാ ഇതേവരെ എന്റെ ലോകാവസാനം കേട്ടവരോട് സമാപനത്തിന്റെ അടിക്കുറിപ്പ് ഇതാണ് ഒരേ ഒരു അടിക്കുറിപ്പ് മാത്രം പറയുകയാണ് എന്തിനാണ് ലോകാവസാനം കേട്ടത് ലോകാവസാനത്തെ ഇതിനേക്കാൾ വലിയ സദസ്സിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു ഒരു ദിവസം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു സഹാബത്തെ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ അല്ലാണ്ട് റസൂരിരിക്കുമ്പോ റസൂർ ഉള്ള ഉടനെ വിളിച്ചു പറഞ്ഞു സഹാബ പള്ളിയിലെ ഒരുമിച്ചു കൂടുക എല്ലാവരും പള്ളിയിലോട്ട് വരട്ടെ എല്ലാവരും മസ്ജിദിലോട്ട് വരട്ടെ ഞങ്ങൾ അള്ളാന്റെ റസൂലിന്റെ അടുത്തലോട്ട് കടന്നു ചെല്ലുമ്പോ എല്ലാവരും പള്ളിയിലോട്ട് കടന്നു അള്ളാന്റെ റസൂലും അതീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറി എന്തോ വലിയ ഗൗരവമുള്ള കാര്യം പറയാൻ പോവുകയാണ് അള്ളാന്റെ സഹാബാ ലോകാവസാനത്തിന്റെ ാണ് രാരാണ് രാരാണ് തച്ചാരിന് നിങ്ങൾ ഭയന്നുകൊള്ളണേ അവനൊറ്റ കള്ളനാണ് അവനൊറ്റ കണ്ണനാണ് അവൻ അമ്മയാണെന്ന് വാദിക്കും അവൻ ആകാശത്ത് നിന്ന് തീമട വൈകിപ്പിക്കും സഹോദരങ്ങള് സഹാപത്ത് പേടിയോടെ ധിയോടെ ശ്വാസമടക്കി പിരിഞ്ഞ് തച്ചാരിനൊക്കെ തിരിക്കുമ്പോ റസൂറുള്ള അടയാളങ്ങള് പറഞ്ഞ് റസൂറുള്ള സഹാബാത്തിൽ പേടിയോടെ ധിരിയോടെ വീട്ടിലോട്ട് മടങ്ങി എന്നെ കേൾക്കാൻ ഇവിടെ നിങ്ങളും ഇവിടെ വെച്ച് സ്ഥലം പറയും വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ അന്ന് ഗജാരിനെ കുറിച്ച് കേട്ട സഹാപത്തിന്റെ അവസ്ഥയുണ്ടാകണേ സഹാപാക്കളെ വീട്ടിലോട്ട് പോയി എന്നിട്ട് പിറ്റേ ദിവസം ചുഖിക്കു വരുമ്പോ അള്ള റസൂലിന്റെ സഹാപത്ത് പറഞ്ഞ ആ റസൂലല്ല പേടിയാനിനിയേ പേടിയാനിനിയേ ഭയം കാരണം ഇന്നലെ ഉറങ്ങിയിട്ടില്ലേ അങ് ഇന്നലെ പറഞ്ഞ ഗച്ചാരുണ്ടല്ലോ ആ ഗജാലിന്റെ വിവരണം കേട്ടിട്ട് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഉറക്കം വന്നില്ല പറഞ്ഞതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഈത്തപ്പനത്തോട്ടത്തില് അവൻ ഒളിച്ചിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് തോന്നി നബിയേ തോന്നി നബിയേ തോന്നണം സഹോദരങ്ങള് തജ്ജാരിനെ കുറിച്ച് മദീനത്തെ പള്ളിയിൽ പ്രഭാഷണമുണ്ടായപ്പോ അവരുടെ കൺമുമ്പിലെ ഈത്തപ്പന തോട്ടത്തില് മരത്തിന്റെ പുറകില് തജാരിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി അതിലേ വരാൻ പേടിയാണ് അതിലേ പോന്നാൻ പേടിയാണ് പ്രേതത്തെ ക്ഷേത്ര ഭീകരത പോലെ കൺമുമ്പിലിരിക്കുന്നത് തോന്നണം അള്ളാന്റെ റസൂല് സഹാപത്തിന് ആശ്വസിപ്പിച്ചു കൊറേ ദിവസം കഴിഞ്ഞു അള്ളാന്റെ റസൂല് പറഞ്ഞു സഹാബാ ഒരിക്കൽ കൂടി പള്ളിയിലോട്ട് വരിക എല്ലാ സഹാപത്തും ഒരുമിച്ചുകൂടി കാലാവസ്ഥ പ്രതികൂലമാകുന്നു തെറ്റമ്മ ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹാപത്തിനോട് പറഞ്ഞു സഹാബാ ഞാൻ കൊറേ ദിവസം മുമ്പ് നിങ്ങളോ ഒരു പറഞ്ഞില്ലേ അന്ന് നിങ്ങൾ വല്ലാട പേടിച്ചു പോയില്ലേ ആ തച്ചാലിനെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട മനുഷ്യന് ഈ മദീനത്തെ പള്ളിയിലെത്തിയിട്ടുണ്ട് ആ ദാരിനെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് നേരിട്ട് കണ്ടൊരു മനുഷ്യന് ഈ മദീനത്തെ പള്ളിയിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി ദച്ചാരിനെ കണ്ടിട്ടും അയാള് ജീവിച്ചിരിക്കുന്നുവോ സഹോദരങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുമ്പ് വർഷം മുമ്പ് ദച്ചാരിനെ കണ്ട മനുഷ്യൻ മദീനത്തെ പള്ളിയിലെ സി സി ആരാണത് അള്ളാന്റെ റസൂന്ന് ചോദിച്ച് എവിടെ തമീമുദ്ധാരിയവിടെ എവിടെ തമീമുദ്ധാരിയവിടെ സഹോദരങ്ങളെ തമീമുദ്ധാരിനെ കണ്ടു കണ്ടു കണ്ടു ബഹുമാനപ്പെട്ട തമീമുദ്ധാരി അദ്ദേഹത്തോട് നിബിതങ്ങളെന്ന് ഇയാൾ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യനാണ് അയാൾ ഇസ്ലാം തേടി വന്നതാണ് അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ മദീനത്ത് വന്നതാണ് ആ മനുഷ്യൻ ഇപ്പോഴും മുസ്ലിമായിരിക്കുന്നു ആ മനുഷ്യൻ വരുന്ന വഴിയിൽ ദച്ചാലിനെ അങ്ങനെ തമീമച്ചാരിയോട് പറഞ്ഞു തമീമുച്ചാരി മുസ്ലിം ഹദീസാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ തമീമു മദീനത്തെ പള്ളിയിലൊരു പ്രസംഗം നടത്തി ദച്ചാലിനെ അദ്ദേഹം പറയുകയാണ് ഞങ്ങളെ കടലിലൂടെ കപ്പലിൽ വരുമ്പോ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ തകർന്നു ഞങ്ങൾ അതിലുണ്ടായിരുന്ന ഒരു ചെറിയ വണ്ടിയിൽ പിടിച്ച് രക്ഷപ്പെട്ടു ആ വണ്ടിയിലെ കടലിലൂടെ ഞങ്ങൾ ഒരു മാസം സഞ്ചരിച്ചു ഒരു മാസം സഞ്ചരിച്ച് ഞങ്ങൾ ഒരു ദ്വീപിലെത്തി ഒരു ദ്വീപിലെ ഗജാറിനെ കണ്ടത് കടവിന്റെ നടുവിനാണ് ഒരു ധീപില് ആ ദ്വീപിന് ഞങ്ങൾ കയറി മാസങ്ങളോളം ഞങ്ങൾ ആ ദ്വീപിലൂടെ വഴിയറിയാതെ നടന്നു അവസാനം നടന്ന് ആ ദ്വീപിന്റെ നടുവിൽ ഞങ്ങളൊരു ഭീമാകാരമായ രൂപത്തെ കണ്ടു ഒരു ഭീമാകാരമായ രൂപത്തെ കണ്ടു സഹോദരങ്ങളെ മുടിമുടുവനെ നീണ്ടു വളർത്തിയ ചട പിടിച്ചു ഒരു മനുഷ്യന് അയാളുടെ മുടിയുടെ നീളം കാരണത്താൽ അയാളുടെ മുൻഭാഗമേടാ പിൻഭാഗമേടാ എന്ന് തിരിച്ചറിയാൻ െ മുടി വളർത്തിയ ഒരു മനുഷ്യൻ കേറ്റിരിക്കുക മുൻഭാഗത്തും മുടി പിൻവാദത്തും മുടി ഞങ്ങൾ ആ മനുഷ്യന്റെ അടിസ്ഥിലോട്ട് പേടിയോടെ പോയത് ചോദിച്ചു നിങ്ങളാരാ പേടിയോടെ ഭീമിയോട് അയാള് പറഞ്ഞു അനസ്വാസ ഞാൻ ഒറ്റുകാരനാണ് ഞാൻ വേറൊരു തന്റെ ഒറ്റുകാരനാണ് താരനാണ് ഞാൻ താരനാണ് നിങ്ങളെങ്ങനെയാണ് ഇവിടെ വന്നത് അയാള് പറഞ്ഞു ഞാൻ പറയുന്നില്ല അങ്ങകര വേറൊരാളിരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് പോയി നിങ്ങൾ ചോദിക്കുക ഇവനെ കാളിയ മറ്റൊരു ഭീകരനോ ഭീകരനപ്പുറം ഒരു കൊടും അങ്ങനെയാണ് ഭീകരത ഇടവാസുകൾ സഹോദരങ്ങൾ സമീപത്താരി പറയുകയാണ് ഞങ്ങൾ അവിടോട്ട് ചൊല്ലുമ്പോ ആ ഭീകരന്റെ നടുവിൽ ഒരു വല്ലാത്ത രൂപം കണ്ടു അള്ളാണ്ട് റസൂല് പറഞ്ഞ അതേ അടയാളങ്ങളുള്ള ഒറ്റക്കണ്ണനായ അംഗോസിലിങ്ങോട്ട് കുറിയ കണ്ണുകളുള്ള വല്ലാത്ത രൂപത്തിരിക്കുന്നു മനുഷ്യന് ആ മനുഷ്യന്റെ മുമ്പിൽ ഞങ്ങൾ പെല്ലുമ്പോ അയാൾ ഒരു വല്ലാത്ത ശബ്ദത്തിൽ ചോദിച്ചു നിങ്ങളാലാ അന സമീമുദ്ധാരി ഞാൻ സമീമുദ്ധാരിയാണ് കടലിലൂടെ വരുമ്പോ കപ്പൽ പൊളിഞ്ഞുപോയി ഒരു മാസം നടന്ന് വഴിതെറ്റി വന്നതാണ് ഞങ്ങൾ നിങ്ങൾ എവിടേക്ക് പോകുന്നു ഞങ്ങളും അധീനത്തേക്ക് പോകുന്നു ഞങ്ങളും അധീനത്തേക്ക് പോകുന്നു ഞങ്ങളും അധീനത്തേക്ക് പോകുന്നു സഹോദരങ്ങളെ സഹോദരങ്ങളെ സമയത്തയാള് ചോദിച്ചു പത്രേ ുസരിക്കുന്ന സഹീതായ ഹരീദാണ് അയാള് ചോദിച്ചു നിങ്ങൾക്കറിയുമോ പൈസാനിലെ തടാകത്തിന്റെ അവസ്ഥ എന്താണ് വൈസാനിലെ തടാകത്തിന്റെ അവസ്ഥ എന്താണ് സമീപചാരി പറഞ്ഞു പൈസാൻ തടാകത്തിന് നിറയെ വെള്ളമുണ്ട് ആളുകൾ ആവോടം കുടിക്കുന്നുണ്ട് അയാള് പറഞ്ഞു എന്നാൽ വൈസാൻ തടാകത്തിലെ വെള്ളം വറ്റാനത് തിരിക്കൊള്ളൂ നിങ്ങൾ തബിരി ഈത്തപ്പടം കണ്ടോ കണ്ടോ അതിന്റെ അവസ്ഥ എന്താണ് സമീപചാരി പറഞ്ഞു ഇത്തപ്പണത്തോട്ടം നന്നായിട്ട് കുലച്ചു കിടക്കുകയാണ് അയാള് പറഞ്ഞു പത്രേ ആ ഇത്തപ്പഴത്തോട്ടം കരിഞ്ഞുണങ്ങാൻ സമയമായി പല വൃക്ഷങ്ങൾ സമയമായി അയാൾ വീണ്ടും ചോദിച്ചു നിങ്ങൾ ആർക്കെങ്കിലും അറിയുമോ മക്കയിലെ മുഖം അരും വരാത്ത കടലിന്റെ നടുവിൽ ഒരു രൂപീകര പേര് പറയാൻ മാത്രം അല്ലാസുവിന്റെ അല്ലാസുവിന്റെ റസൂല് അങ്ങ് ലോകത്തിന് മുകളിലായി ആ മക്കയുടെ മുഹമ്മദിനെ നിങ്ങൾ കഴിയുമോ സമീമചാരി പറഞ്ഞ അദ്ദേഹത്തെ കാണാനാണ് ഞങ്ങൾ പോകുന്നത് ആ മുഹമ്മദിനോട് കുറേശ്ശികൾ യുദ്ധം ചെയ്തുവോ ഈ ചോദ്യമാണ് അദ്ദേഹം യുദ്ധം ചെയ്തു എല്ലാ യുദ്ധത്തിലും മക്ക കുറൈശികൾ പരാജയപ്പെട്ടു സഹോദരങ്ങളെ ആ സമയത്ത് പറഞ്ഞവത്ര മുഹമ്മദ് ലോകത്തെ മുഴുവനെ കീഴടക്കാൻ ഇതെല്ലാം പറഞ്ഞ് ഒരു ജ്യോതിഷിയെ പോലെ ജ്യോതിഷനെ പോലെ അയാള് ചോദിക്കുകയും പറയുകയും ചെയ്തപ്പോ തമീമറിയല്ലാതെ പറയുകയാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളാരാ നിങ്ങളാരാ ഓ സമയത്ത് വിശാലമായ ഹബീസാണ് പ്രസക്ത ഭാഗമാണ് പറയുന്നത് അയാള് പറഞ്ഞു ഞാൻ ആരെന്നറിയോ അനൽ മസീഹ ാണ് ആ മനുഷ്യൻ പറഞ്ഞപ്പോ സഹോദരങ്ങളെ അയാള് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പുറത്തു ഞാൻ ഈ ദ്വീപിൽ നിന്ന് പുറത്തു കാടും എല്ലാന്റെ ആളുകളെ ഞാൻ നടുവെ കീറിക്കാണിച്ചു കൊടുക്കും എല്ലായിടവും എന്റെ കാൽ വരും പക്ഷേ പക്ഷേ പക്ഷേ മക്കയിലും മദീനത്തു മാത്രവും അമ്മന്റെ റസൂലിന്റെ തൈതയിൽ ഞാൻ കടക്കുകയില്ലെന്ന് ഡച്ചാല് പറയുമ്പോ ആ സമയത്ത് റസൂല ിൽ നിന്നിട്ട് തന്റെ കയ്യിരിക്കുന്ന ഈ തപ്പന മരത്തിന്റെ വടികൊണ്ട് താഴെ എടുത്തിട്ട് റസൂലാവേശത്തോട് പറഞ്ഞു ഇതാണ് തെറ്റാല് തൈവയെന്ന് ഇതാണ് എന്റെ തൈവയെന്ന് ഇതാണ് എന്റെ മദീനയെന്ന് ഈ മനസ്സ് തുടികൊട്ടുകയാണ് ഈ മനസ്സ് തപിക്കുകയാണ് ഈ മനസ്സ് താപം കൊള്ളുകയാണ് ആ തൈവയിലൊന്നെത്തിച്ചേരാൻ അള്ളാഹുവേ അല്ലാഹുവേ ും ആ വഴി കുത്തിയ സ്ഥലത്ത് ഞങ്ങളുടെ കാല് കുത്തിക്കണേ തമ്പുരാനെ കുത്തിക്കണേ തമ്പുരാനെ അള്ളൂര് പറഞ്ഞ് ഇതാണ് എന്റെ കാല് ചവിട്ടിയരത്ത് ദച്ചാല് കാല് ചവിട്ടില്ലെന്ന് മുഹമ്മദ് എന്നൊക്കെ റസൂർ എല്ലാം പറയാൻ തുടങ്ങി ആ ദച്ചാൽ എന്റെ ഭിത്തിനെ വലിയ വലിയ ഒരു ഹനീസാണിത് മുഴുവൻ പറയാൻ സമയമില്ല പ്രസക്ത ഭാഗമാണ് പറയുന്നത് അവന്റെ അക്രമങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടിക്കഴിയുമ്പോ അവൻ കൊടുങ്കാറ്റടിപ്പിക്കാം പ്രാപ്തനാണ് പ്രാപ്തനാണ് അവന്റെ കെടുതി വർദ്ധിക്കുമ്പോ മുസ്ലിമീ നിങ്ങൾ ഗെതി ചെടുമ്പോ ആ സമയത്ത് വാതില് തുറന്നിട്ട് കടന്നു വരും ബഹുമാനപ്പെട്ട എന്റെ സഹോദരൻ അഭീവാഹീസ ും ഇസ്രയേലുകൾ അവനാണ് പുറകിലും ഉള്ളട് എൺപതിനായിരം തന്നെയാകുണ്ട് സഹോദരങ്ങളെ പാവപ്പെട്ട പലസ്തീനികളും മലച്ചടത്തി ടാങ്ങർ കൊണ്ട് ചവിട്ടി അരച്ചു അന്ന് ദജാലിന്റെ പുറകിലിണ്ടാകും അവര് ജൂതസമൂഹം ഇസ്രയേലിന്റെ സമൂഹമാണ് പിന്തുണ നൽകിയ ഇസ്രയേലിലേക്ക് തെറ്റാനോടാടുസാനബി പുറകെ ഓടും അമ്മ റസൂര് പറഞ്ഞു മാ മുസ്ലിം ഉത്തരിക്കുന്നു ഓടിയോടി കുതിരപ്പുറത്ത് പോകുന്ന ഈസാനി എന്ന് പേരുള്ള ബാബുനുദ് എന്ന സ്ഥലത്ത് വച്ച് ഈ താനവി ലജ്ജാലിനെ കുത്തി കൊല്ലുമി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ അള്ളാന്റെ റസൂലെ ആയിരസലാം ആ ബാബുലുദ്ദിനാണ് ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്ത് വെച്ച് ഈസാനവിനെ കൊല്ലും ആ ബാബുരുദ് എന്ന നിപിധങ്ങൾ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ എയർപോർട്ട് നിൽക്കുന്നത് ഈ രണ്ടു ദിവസത്തെ സദസ്സിന്റെ ഏറ്റവും വലിയ ഗുണപ്രദേശം പറഞ്ഞു നാം അവസാനിക്കുകയാണിവിടെ ഈ വചനമാലകൾ ഈ വാധോരമികൾ ഈ സൗഹൃദം ഈ അലങ്കാരം ഈ അഹങ്കാരമില്ലാത്ത കാപറ്റ്യമില്ലാത്ത മനുഷ്യ ഈ നിർമ്മരമായ മനസ്സിന്റെ ഈ ആന്ദോളനങ്ങൾ അഭിവാദനങ്ങൾ അഭിവാതകൾ അഭിലാഷകൾ ദുവാകൾ പ്രാർത്ഥനകൾ കീർത്തനങ്ങൾ എല്ലാം ഒരു വലിയ വസന്തം അവസാനിച്ചതുപോലെ തിരിയുകയാണ് നാം സഹോദരങ്ങളെ അള്ളാന്റെ റസൂല് പറഞ്ഞു അവസാനം അടുത്തു കഴിയുമ്പോ ലോകാവസാനം അടുത്തു കഴിയുമ്പോ അള്ളാന്റെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആ തച്ചാരി വരുന്നത് യമനിരുന്നാണ് ആ ബച്ചാരുവരുന്നിയമനിൽ നിന്നാണ് റസൂടുള്ള രണ്ടാമത് റസൂടുള്ള പറഞ്ഞു അതല്ല കിടക്കിൽ നിന്നാണ് കിടക്കിൽ നിന്നാണെന്ന് മദീനത്തെ പള്ളീട് നിന്നിട്ട് നിസാരത്തിന്റെ വരട് ചൂണ്ടിയിട്ട് റസൂടുള്ള പറഞ്ഞു കിഴക്ക് ഭാഗത്ത് നിന്നാണ് ബച്ചാരുവരുന്നടന്ന് ആദരവായ പ്രവാചകങ്ങൾ മുസ്തഫ ം സഹോദരങ്ങളെ സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകാവസാനത്തിന്റെ അവസാനത്തെ അടയാളം ആകാശം മുഴുവനും ഒരു വലിയ പുകപടലം പ്രത്യക്ഷപ്പെടും വലിയ ഒരു പുകപടനം ആ പുകപടനം ലോകത്ത് മുഴുവനും മൂടിക്കളയുമ്പോ ഇനി നമുക്ക് കാത്തിരിക്കാം ഇനി നമുക്ക് കാത്തിരിക്കാം പരസ്പരം കാണാൻ കഴിയാത്തൊരു പുകപടനം നമ്മുടെ ഇടയിൽ മറശിക്കുന്നതിനെ കാത്തിരിക്കാനല്ലേ മതവിശിമാ ഒരു വലിയ പുക മറ അത് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതിന് നിങ്ങള് കാത്തുനിന്നുകൊള്ളുക കാന്നുകൊള്ളുക അള്ളാഹു കാസുരക്ഷിക്കട്ടെ ഇനി നമ്മുടെ കാത്തിരിപ്പെന്തിനാണ് പുക വരുന്നതും കാത്ത് فارتكب يوم تأتي السماء بدخان المبين جد سماء رفقك ആ പുക വന്നിട്ട് മാനം തെളിയുന്നതോടെ മമ്മിനീങ്ങളുടെ റൂഹുവിട പറഞ്ഞിട്ടുണ്ടാകും ഇസ്രാഫിലിനോടല്ല പറയുമൂറന്ന ഗാഹളത്തിലൂതുക സൂറന്ന ഗാഹളത്തിലൂതുക സഹോദരങ്ങളെ ചൂടന്ന കാഹളം മുടങ്ങുമ്പോ ആകാശം തകർന്നു ഭൂമി തകർന്നു നക്ഷത്രങ്ങൾ തുറന്നു വീണു വൃക്ഷങ്ങളെ തകർന്നു വീണു കർന്നു വന്യമൃഗങ്ങൾ ചട്ടൊടുങ്ങി എല്ലാം തകർന്ന് തരിപ്പണമായപ്പോ എല്ലാം തകർന്ന് തരിപ്പണമായപ്പോ ആദ്യം പറഞ്ഞെടുത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ കുതിരത്തിന്റെ തതിബീരിന്റെ കൈവിടുമ്പോ എല്ലാം തകർന്ന് തരിപ്പണമാവുകയാ സഹോദരങ്ങള് എല്ലാ ആകർഷണ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോ ഗ്രാവിഡി നഷ്ടപ്പെടുമ്പോ പരസ്പരം ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോ എന്തേ കൂട്ടിമുട്ടാത്തതെന്താ എന്തേ കൂട്ടിമുട്ടാത്തതെന്താ നിങ്ങളൊരു പത്ത് മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക എന്തേ ബുദ്ധിമുട്ടാത്തതെന്താ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏതായിരം പതിനായിരം കോടി ഓരോ ഗാലക്സിയിലും പതിനായിരം മുതൽ അമ്പതിനായിരം വരെ നക്ഷത്രങ്ങളുണ്ട് പതിനായിരം കോടി ഗാലക്സികളുള്ളൊരു പ്രപഞ്ചം ആ പ്രപഞ്ചത്തിലെ ഒരു ഗാലക്സിയിലെ ഏതാണ്ട് പതിനായിരം മുതൽ അറുപതിനായിരം വരെ ഒരു സമൂഹം ആ നക്ഷത്ര സമൂഹത്തിലെ ഗ്യാലെ ഒരേ ഒരു നക്ഷത്രം നമ്മുടെ സൂര്യന് ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒമ്പത് ഗ്രഹങ്ങളിൽ ഒരു ചെറിയ ഗ്രഹം നമ്മുടെ ഭൂമി ഇതാണ് നമ്മുടെ ഭൂമിയിലെ മേൽവിലാസമെങ്കിൽ അവസാനവാക്കല്ല പതിനായിരം കോടി പതിനായിരം കോടി ഗ്യാലികളില് ആയിരക്കണക്കിന് ഗ്യാലിൽ പെട്ടൊരു ഗ്യാലെ ഒരു നക്ഷത്ര സമൂഹത്തിൽ ആയിരം കോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രമായ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന പൊമ്പത് ഗ്രഹങ്ങളിൽപ്പെട്ട ഒരേ ഗ്രഹമാണ് നമ്മുടെ ഭൂമി ആ ഭൂമി തന്നെ സഹോദരങ്ങളെ ഏത് ഭൂഖണ്ഡമാണ് ഏത് ഭൂഖണ്ഡങ്ങളിൽ തന്നെ ഭൂമിയിലല്ല ഭൂമിയുടെ നാലിന് മൂന്ന് ഭാഗവും കടലാ ആ കടലിന്റെ ഉള്ളിൽ എന്താണ് നമ്മൾ കണ്ടിട്ടില്ല ആ ഭാഗമാണ് കരയുള്ളത് ആ കര തന്നെ ഭൂമിയും താറാമരി ഭൂമിയുമായി അവിടെക്കും മനുഷ്യൻ കടന്നു പിന്നെ ആകെ നമ്മൾ കടന്നു പറയാ ഏതാണ്ട് ഏത് ഭൂഖണ്ഡങ്ങളല്ലേ നമ്മുടെ ഭൂമി ആ ഭൂഖണ്ഡത്തിൽപ്പെട്ട ഭൂഖണ്ഡമാണ് നമ്മുടെ ഏഷ്യാ ഭൂഖണ്ഡം ആ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൽപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയുടെ ഏറ്റവും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പെട്ട ഗോവനിൽ ചാലിവച്ചിരിക്കുന്നത് സംസ്ഥാനമാണ് നമ്മുടെ കേരളം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഈ കേരളം തന്നെ പതിനാല് ജില്ലകളാണ് ആ പതിനാല് ജില്ലയിൽപ്പെട്ട പ്രധാനപ്പെട്ട കേരളത്തിൽ എപ്പോഴും ഉറിപ്പെടുത്തുന്ന എല്ലാവരും ഉറിപ്പെടുത്തുന്നൊരു ജില്ലയാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയിൽ തന്നെ എത്രയോ നഗരസഭയിൽ മുനിസിപ്പാലിറ്റിയുണ്ട് എത്രയോ ഗ്രാമപഞ്ചായത്ത് ണ്ട് ഈ പഞ്ചായത്തിൽപ്പെട്ട മലപ്പുറം പഞ്ചായത്തിലെ പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രസിഡന്റ് ആണ് നാസർ സാഹിബ് നമ്മൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാണ് ആ മുനിസിപ്പാലിറ്റിയിൽ എത്രയോ വാർഡുകളുണ്ട് ആ വാർഡുകളിൽ ഏതൊക്കെ വാർഡുകളിലാ നിങ്ങള് താമസിക്കുന്നത് സഹോദരങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളെ താമസിക്കുന്ന വാർഡിൽ എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാ ഇത്രയുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് ആർക്കാ ഉള്ളത് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ കാല് വെച്ചിരിക്കുന്ന ഭൂമിയിൽ ആ കാശവിട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ മണ്ണിലെത്ര ധാതുവണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ച അത് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ലെങ്കിൽ പൊന്നുപോലെ മോദാവസാനത്തിലെല്ലാം തകരുമെന്ന് പറയുമ്പോ അതെങ്ങനെയാ തകരുക എന്ന് ചോദിച്ചാൽ ഈ എം ബി ബി എസ് ഈ ഭൂമിയെക്കുറിച്ച് നിനക്കുള്ള അറിവത്രയാ കാശുപത്തിലിരിക്കുന്ന പിടിമണ്ണിനെ കുറിച്ച് പോലും അറിയാത്തവനാണ് ഈ പൊന്ന് സഹോദരങ്ങൾ ഈ പ്രപഞ്ചം ഒരു വല്ലാത്ത പ്രപഞ്ചം ഈ ഭൂമിയിൽ നിന്ന് പതിനാല് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന് ആ സൂര്യന്റെ ഈ ഭൂമിയിൽ നിന്ന് രണ്ട് ലക്ഷം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ വായുന്ന ഒരു ഉപഗ്രഹത്തിൽ കയറി സൂര്യനിലെന്താ തീരുമാനിച്ചാൽ അമ്പത് വർഷങ്ങളെ സൂര്യലെത്തുക എന്നാ പറയുക ആ സൂര്യനിന്റെ തൊട്ടടുത്ത് യുമാനസ് എന്ന് പറയുന്ന നക്ഷത്രമുണ്ട് ആ നക്ഷത്രത്തിലേക്ക് ഒരു മണിക്കൂർ പന്ത്രണ്ട് ലക്ഷം കിലോമീറ്ററിൽ കുതിച്ചു ഒരു മണിക്കൂർ കൊണ്ട് വശം കേരളത്തെ ചുറ്റി പറയാൻ പാകതയുള്ള വേഗതയുള്ള ഒരു വാഹനത്തിൽ കഴിഞ്ഞ യുറാനത്തിൽ പോയാൽ നൂറ്റി അമ്പത് വർഷം സൂര്യനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നക്ഷത്രമുണ്ട് ആൽഫാ സെന്ററിൽ സൂര്യനോട് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന നക്ഷത്രം ആ നക്ഷത്രത്തിലേക്ക് പോകാൻ ഈ ഭൂമിയിൽ ഏറ്റവും വേഗതയുള്ള ഒരു ഉപഗ്രഹത്തിൽ കയറിയിട്ട് അവിടേക്ക് പോകാൻ അതിനേക്കാൾ വലിയ വേഗത വേറെയില്ല ആൽഫാ സെന്ററിൽ ചെന്നിട്ട് പെരിന്തൽ വണ്ണക്കാരനായ സെന്ററിൽ ഉപഗ്രഹത്തിൽ പെരിന്തൽമണ്ണയിൽ കാത്തിരിക്കുന്ന ഭാര്യയോട് ഞാൻ എത്തിയെന്ന് പറയാണ് പോണിടത്തട്ടെ ഹലോ എന്നൊന്ന് വിളിച്ചാൽ ആ ശബ്ദരംഗം നാലു വർഷം കഴിഞ്ഞ് പെരിന്തൽമണ്ണയിൽ എത്തുകയുള്ളൂ എങ്ങ് വർഷം കഴിഞ്ഞേ ഭൂമിയിലെത്തുകയുള്ളൂ എങ്കിൽ സഹോദരങ്ങളെ അനന്തമജ്ഞാതമ ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കരങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന കഥയെന്ത് കണ്ടു അനന്താത ഭവന്തീയമായി ഗോളം ഞാനൊന്ന് ഈ പ്രപഞ്ചം തുടങ്ങി അന്നോട് മൂവായിരം ഇരട്ടിപ്പിന്റെ വലിപ്പമുള്ള സൂര്യൻ ആ സൂര്യന് സമാനമായ ചന്ദ്രന് ഒമ്പത് ഗ്രഹങ്ങളെ സൗരയൂഥത്തിൽ കിടന്നിട്ട് കുട്ടികളു ഞാനാടുന്നത് പോലെ ആടുകയല്ലേ ഇതേവരെ സൂര്യൻ പോയി ചന്ദ്രന് മുട്ടിയിട്ടില്ല ചന്ദ്രൻ പോയി സൂര്യന്റെ തട്ടിയിട്ടില്ല ഇതേവരെ പകൽ സമയത്ത് രാത്രി വന്നിട്ടില്ല ഏതാണ്ട് ഒരു സ്വിമ്മിംഗ് ാണ് ചലിക്കുന്നത് മീൻ വെള്ളത്തിലൂടെ ഊളിയിടുന്നത് പോലെ ഒരു നക്ഷത്രം ഇതില് ഒരു നക്ഷത്രം അതില് ഒന്നതിന്റെ കീഴിലൂടെ തർക്കത്തുകാരന്റെ ഊനാൽ അഭ്യാസത്തെ കോടിക്കണക്കിന് നക്ഷത്ര ഈ ഭൂമിയേക്കാൾ പതിനായിരം ഇരട്ട് പരിശമുള്ള നക്ഷത്രങ്ങളുണ്ട് അതിങ്ങനെ ഊഞ്ഞാലാടിയിട്ട് ഇതേവരെ സൂര്യൻ പോയി ചന്ദ്രൻ തട്ടിയിട്ടില്ല ചന്ദ്രൻ പോയി സൂര്യന്റെ തട്ടിയിട്ടില്ല കാരണം എന്താ വരല്ലേ നീന്തി തുടക്കുമ്പോ കാരണം എന്താ പെരുന്ന ടൗരല് ഈ വയലൊന്ന് കടഞ്ഞാമത് തീർവാക്തിയുടെ വയൽ കടിഞ്ഞിറങ്ങിയ നാപ്പത് വാഹനങ്ങൾ ഇറങ്ങിയാല് ബ്ലോക്കായില്ലേ പക്ഷേ ഇതേ വരെ ബ്ലോക്ക് ഉണ്ടായിട്ടില്ല സൂര്യനും ചന്ദനും തട്ടിമുട്ടിയിട്ടില്ല കാരണമെന്തെന്നറിയോത്തു തീർ അതീതില്ല കുതിരത്താണെങ്കിൽ ഓ തമ്പുരാനാണ് പടച്ച തമ്പുരാന്റെ നിയന്ത്രണം വിടുമ്പോ അവന്റെ കുതിരത്ത് വിടുമ്പോ സൂര്യൻ ചന്ദ്രന്റെ ചന്ദ്രൻ സൂര്യന്റെ പറ്റി കത്തിച്ചൊരുക്കുന്ന പ്രകാശത്തോട് പൂരൻ ഉതിർന്നാട്ട് വീടുമ്പോ ആ സമയത്ത് മാമലകള് മാമലകൾ മുഴുവനും പൊട്ടിച്ചകരുമ്പോ മാമലകൾ മുഴുവനും പൊട്ടിച്ചകരുമ്പോ എന്റെ ിയപ്പെട്ട സഹോദരങ്ങള് അപ്പോഴാണ് കടന്നു വരുന്നത് ചൂടുള്ള നാളുണ്ടേ കിയാമം നാള ചുരുക്കി പറഞ്ഞാലെന്തെഹാരാ ചൂളാ ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ ചുരുക്കി പറഞ്ഞാലെന്തെ ഹാരാ ചൂളാ വണ്ടിയുമായി വരുന്നേ കാളാ ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണ് വന്ദോഷ വണ്ടിയുമായി വരുന്നേ കാളാള മനുഷ്യൻ കാളയാകുന്നൊരു ദിവസം ഞാൻ എങ്ങനെ ഇത് അവസാനിപ്പിക്കണമെന്നറിയില്ല അറിയില്ല സഹോദരങ്ങളെ നമ്മൾ പരസ്പരം പറയാറെന്ന് നീ കാളയാണെന്ന് നമ്മൾ ഒരു ദിവസം കാളയാകാകും ഖം വലിക്കുന്ന കാളാള നമ്മുടെ മുഖത്തിന്റെ പുറത്തുണ്ടാകും തെങ്ങലേ ജീവിതത്തിന് ചെയ്തു കൂട്ടിയതത്രയും വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ ക്ഷീണത്തിനാൽ ഒരിക്കലിക്കുന്നടാണേ ഈറ ഒരു ചാണുകളിൽ സൂര്യൻ കാളയുടെ പുറത്ത് മുഖം വെച്ച് കെട്ടിയ കാളകളെ പോലെ പരലോകത്തേക്ക് വരുന്ന ദിവസമാണോ ആ ദിവസമെന്ന് ബലമുള്ളവന് സുബാൻ റബ്ബി പാള നരക്കുന്നു കുട്ടികൾ കന്നതെന്തൊരു നാളാ കുമാനായ തടവാവുക്കാർ അള്ളാഹ് കബരനും വിശാലമാക്കി കൊടുക്കട്ടെ സഹോദരങ്ങളെ മരിക്കുന്നതിന് മുമ്പ് കപന്തുണി തയ്യാറാക്കി വെച്ചിട്ട് കബലിനെയും കാത്തിരുന്ന ലോകങ്ങളുടെ അതുല്യപതിവ കൊല്ലമുത്ത് കൊല്ലസിനമുത്ത് തടവാവുക്കാർ പറയുകയാണ് ബലമുള്ള യ്ക്കുന്നു കുട്ടികൾ തന്നതൊരു നാളാ കൊച്ചുകുട്ടികളെ നരക്കുന്ന ദിവസം ബലമുള്ളവൻ പാള പോലെ നരക്കുന്ന ദിവസം സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പതക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ലാതങ്ങ് ചെന്നാൽ പോളാ ഒരമലിന്റെ കയ്യിലില്ലാതെ പടച്ചറപ്പിന്റെ മുമ്പിൽ തന്ന പടച്ചിറപ്പിന്റെ മുമ്പിൽ തന്ന നമുക്ക് പോളാണ് അള്ള കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഒരൊറ്റായ പറയുകയാണ് ലോകാവസാനത്തിന്റെ ഒരു സമ്മാനം തുറന്ന കാകടത്തിൽ ഊതിക്കഴിഞ്ഞാൽ പല അനുസാവൈനവും പിന്നീട് കുടുംബ ബന്ധങ്ങളില്ല ൂതി കഴിഞ്ഞാൽ പിന്നെ കുടുംബ ബന്ധത്തിന് തട്ടിയില്ല ഭാര്യക്ക് ഭക്ഷാദില്ല ഭർത്താദിനു ഭാര്യയില്ല അമ്മയ്ക്കും മക്കളില്ല ഒരു കുടുംബ ബന്ധവും പ്രയോജനം ചെയ്യില്ല അള്ളാഹു കാത്തിരട്ടിക്കട്ടെ അള്ളാഹു കാത്തിരട്ടിക്കട്ടെ അപ്പഴും നമുക്കൊരു പരീക്ഷയ്ക്ക് പിടിവെല്ലിയുണ്ട് മലപ്പുറം കാലയങ്ങളുടെ ഭാഗ്യവാൻമാരാണ് ും നമുക്കൊരു പിടിവള്ളിയുണ്ട് അള്ളാന്റെ ആയ തേടിയപ്പോ സഹാബത്തിനോട് പറഞ്ഞ് സഹാബു മുൻഗത്തിയാമത്തിനോട് വന്നാൽ ലോകാവസാനം വന്നാൽ എല്ലാ കുടുംബ ബന്ധങ്ങളും തകർന്നു പോകും എല്ലാ ബന്ധങ്ങളും തകർന്നു പോകും ഒരു കുടുംബക്കാരനും അവന്റെ കുടുംബത്തിന്റെ മേവിലാസം പ്രയോജനം ചെയ്യുകയില്ല ഏഴ് കൊടി കുട്ടിയ കുടുംബമാണെങ്കിലും ശരി ഇല്ല എന്റെ കുടുംബമല്ലാണ്ട് എന്റെ അഹിടി വൈസല്ലാട് എന്റെ അഹിടി വൈസല്ലാതെ എന്റെ പാണക്കാട് കുടുംബമല്ലാതെ എന്റെ ജമരുള്ള ഈ കുടുംബമല്ലാതെ സഹിതന്മാരുടെ പരമ്പരയുടെ ഉണ്ടോ ആ പരമ്പരയല്ലാതെ ആരുണ് ഏത് കുടുംബവെണ്ണം തകർന്നാലും തകരില്ല സഹോദരങ്ങളെ റസൂറിലാട് കുടുംബവെണ്ണം അതുകൊണ്ട് സഹോദരങ്ങള് ാപാരത്തോട് പറഞ്ഞു ആര് തകർക്കാശ്രമിച്ചാലും തകരില്ല സഹോദരങ്ങളെ പാണക്കാടുമായിട്ടുള്ള ബന്ധം ദമനുല്ലൈനിയുമായിട്ടുള്ള ബന്ധംമാരുമായുള്ള ബന്ധം അത് ദുനിയാവിനെ മോഹിച്ചിട്ടല്ല വല്ലാഹി എന്ന പണി സത്യം അത് ദുനിയാവിന്റെ ഒരു അത് ആഹിറത്തിന്റെ ഒരു തുള്ളിവെള്ളത്തിനാണ് ശൈതന്മാരോടുള്ള ഈ ബന്ധം ആര് തകർക്കാശ്രമിച്ചാലും തകരില്ല ഇത് കൽവിന് കൊത്തിവെച്ച ബന്ധമാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ഈ ബന്ധമല്ലാതെ ഈ സ്നേഹമെന്നാടെ എന്താണുള്ളട് ഈ സ്നേഹമെന്നാടെ എന്താണുള്ളട് ഒരു കുടുംബവുമില്ല യോമയറുമീമി വസാഹിബതി വാപ്പയ്ക്ക് ഉമ്മയ വേണ്ട വേണ്ട ഉമ്മയ്ക്ക് മക്കളെ വേണ്ട വേണ്ട നാളെ പരലോകത്ത് മനുഷ്യൻ പറയുന്നൊരവസ്ഥയുണ്ട് കത്തിക്കാറുന്ന ഡള എന്ന നരകത്തിന്റെ മുന്നിൽ നിഷ്ഠവാ കത്തിച്ചരിക്കുന്ന നരകത്തിന്റെ തീനാളം കാണുമ്പോ മനുഷ്യനെ പിടിച്ച് നരകത്തിലോട്ടെറിയുമ്പോ പുല സഹോദരങ്ങളെ നമ്മളെ നരകത്തിലോട്ട് പിടിക്കുമ്പോ കണ്ടുകണ്ട് തൊട്ടടുത്ത് നമ്മുടെ പൊന്നുമക്കളുണ്ടാവും നമ്മുടെ ഭർത്താവിണ്ടാകും നമ്മുടെ ഭാര്യമാരുണ്ടാകും നൊന്ന് പ്രസവിച്ച് പ്രിയപ്പെട്ട ഉമ്മയുണ്ടാവുണ്ടാവുണ്ടാവും തന്റെ മോനെ കത്തിപ്പെടിക്കുന്ന നരകത്തിലേ കരയുകയാണ് ഉമ്മ നെഞ്ചുപൊട്ടി നിലവിളിക്കുകയാണ് പൊന്നുമക്കൾ പറയും ഉപ്പയ ഇടല്ലേ ഭാര്യ പറയും ഭർത്താവിനെ ഇടല്ലേ ആ സമയത്തറയുകയാണ് ഇടാൻ പോകുന്ന ഇവന്റെ അവസ്ഥ എന്താ അവനെയോ ആളുകളെ മെലപിളിക്കുകയാണ് ആ സമയത്ത് കുറാൻ പറയുന്നു ഇതിനെതിപീബി ഓമന പിള്ളറിയൻ আল্লাহুহে আল্লাহুহে লাউ ইত্বাদি মিন আযাব ইয়াউমিহিন দিবালি এন্নোত্ত পত্তি কারিন এন্ডা পন্ন মাকালিনলে আ মাকলা নিকে নিকেটা করেন না নরকത്തിനെ তরাম আল্লাহুহে এনে রচিকোমো എനിക്ക് വേണ്ടി പൊട്ടിക്കറിയുന്ന എന്റെ പൊന്നുമക്കൾ ഞാൻ ഓടിലോട്ടിറങ്ങിയപ്പോ കണ്ടു കയ്യിൽ തളർന്നു കിടക്കുന്ന പൊന്നുമോനമാരോട് ചേർത്തോടി വരുന്ന പെണ്യന്മാർ പൊന്ന് സഹോദരിമാരെ നരകത്തിന്റെ മുമ്പിലെത്തിയ വംവാഹി ഭരണ സത്യം നിങ്ങൾ ഈ കുഞ്ഞിനെ കാണിച്ചിട്ട് പറയുമല്ലാഹിവേ എന്നെ നരകത്തിൽ രണ്ടാ എന്റെ കൺമണിയെ പകരം പറയാൻ സമയമില്ല പൊന്നുമോളം പകരം കൊടുക്കുന്നത് പൊന്നുമോളം പകരം കൊടുക്കുന്നത് നരകത്തിന് പകരം പകരം പറയാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്റെ മൂത്തമോന് ഇഷ്ടമതിന് തൊണ്ടയിൽ വേദനയെന്ന് പറഞ്ഞവൻ കരഞ്ഞു ഇവിടെ നിന്നിട്ടും എന്റെ മനസ്സിന് വേദന അടങ്ങിയില്ല കൺമണിയോട് സംസാരിച്ചിട്ടാണ് പിന്നെ പ്രസംഗത്തിന് വന്നത് അവന്റെ തൊണ്ടയിടറുന്നുവോ കൺമണിയുടെ കണ്ണുകൾ നിറയുന്നുവോ കൽവിൽ അതൊരു വേദനയാണ് എവിടെ എത്തിയാലും സഹോദരങ്ങളെ അഹമ്മദ് കബീർ അള്ളാടോഫീക്ക് കൊണ്ട് പോരാത്ത സ്ഥലമില്ല ഞാനും ഹമീദ് അലീ തങ്ങളും ഖത്തർ പ്രവാചനം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നത് പക്ഷേ ഖത്തറിലെത്തിയാലും മാതകനഗരമായ രോസാന്തരത്തില് വന്നമത്തയിൽ മലന്നുകിടന്ന് ദുനിയാവില സ്വർഗം കയ്യിൽ കിട്ടി തിന്നും കൊടും അങ്ങകലെ കൊല്ലത്ത് ആയൂര് കാരാളി ഓണത്തുള്ള എന്റെ കൊച്ചു വീട്ടിലേക്ക് എന്നെ തിരിച്ചു ഇന്നലെ ഡോക്ടറുടെ വീട്ടിൽ ഞാൻ വിഭവ സമൃദ്ധമായി ഇത്താറ് നടത്തി പക്ഷെ എന്റെ വീട്ടിലതിൻ്റെ ആവില്ല എന്തിനും ആ സുരക്ഷിതയുടെ നടുവിൽ നിൽക്കുമ്പോഴും എന്റെ കൊച്ചു വീട്ടിലേക്ക് എന്നെ കൽവ് വിളിക്കുന്ന എന്റെ ഒരു സ്നേഹബന്ധമില്ലേ എന്റെ കൺമണികളുടെ ബന്ധം ബന്ധം എന്റെ പെണ്ണു മുഖം കാണുമ്പോ നയാഗ്രീഡ വെള്ള സഹോദരങ്ങളെ ആ കണ്ണ്മണി എടുത്തിട്ട് നരകത്തിന് പകരം കൊടുക്കുന്നൊരു ദിവസമാണ് തുറന്ന കാഹലത്തിന് ശേഷമുള്ള ദിവസം എന്റെ സഹോദരനൊപ്പകരം തരാം എന്നെ രക്ഷപ്പെടുത്തുമോ എന്റെ ഭാര്യ തരാം അവളെ നരകത്തിൽ എന്നെ മോചിപ്പിക്കുമോ സഹോദരങ്ങളെ പരിഭ്രാന്തി വരുമ്പോ പരിഭ്രാന്തി വരുമ്പോ എന്റെ പൊന്നുംമ്മയത്തരാം ഉപ്പയെത്തരാം എന്നെ രക്ഷപ്പെടുത്തുമോ അവസാനം നരകത്തിലോട്ട് പിടിക്കുമ്പോ അവരറിയാതെ പറയും അവരുടമത്താവകാശമില്ലാത്തതും പറയും ഓ അമൻ േ ഞാൻ ഒഴിച്ചും ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും എനിക്ക് പകരം നരകത്തിനിട്ടോ എന്നാലും എന്നെ ഒന്ന് ഒഴിവാക്കുമോ അല്ല പറയുന്ന കഴിയില്ല മോനെ കഴിയില്ല കഴിയില്ല മോനേ കഴിയില്ല ആ സമയത്ത് നമുക്ക് എല്ലാവരും പകരം കൊടുക്കുമ്പോ നമുക്ക് തരാൻ ഒരൊറ്റാളേയുള്ളൂ ഒരൊറ്റാളേയുള്ളൂ إننا نرجو إلى كأسي حولك للعطاس يوم نشر كتابي يا سيدي خير النبي يا سيدي خير النبي ആ ഹുബ്ബു ജീവിതത്തിലുണ്ടാകണം മുൻകത്തി കുഞ്ഞോ മിയാ ഇല്ലാ സീ വനസവീ എന്റെ കുടുംബത്തിന്റെ ബന്ധമല്ലാടെ ആ ബന്ധമാണ് ഈ വിനീതനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത് അല്ലാതെ ദുനിയാവിന്റെ ഒരപ്പസക്ഷണമല്ല അധികാരത്തിന്റെ സുഖത്തിന്റെ ഉറക്കമല്ല നാളെ ആഹരത്തിൽ ഒരു തുള്ളി വെള്ളം തരാൻ ആരുമില്ലാത്തൊടുക്കൊരു തുള്ളി വെള്ളത്തിനു വേണ്ടി അള്ളാഹു അത് മുറുക പിടിക്കുകയും നാളെ എല്ലാ ബന്ധവും മെഷപ്പെട്ടാലും നമുക്കൊരു ബന്ധമുണ്ട് ആ ബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നൊരു രക്ഷദുആയോടെ ഒന്നൊരു രക്ഷദുഹയോടെ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കും നല്ല ഗുട്ടുകാരൻ അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരാണ് നമുക്ക് അവസാനിപ്പിച്ച് ദുവാ ചെയ്തു സമയം അറിയാം ഉമറവിയാഹുബന് കൗമറതി അള്ളാഹു ഏറ്റവും നല്ല കൂട്ടുകാരനാരോ എനിക്ക് വേണ്ടി ദുആാ ചെയ്യണേ എന്ന് ഓർമ്മിപ്പിച്ചാടെ നിനക്ക് വേണ്ടി എപ്പോഴും ഓർത്ത് ദുആ ചെയ്യുന്നവനാരോ അവനാണ് ഏറ്റവും നല്ല കൂട്ടുകാരും ഞാൻ നിങ്ങളുടെ നല്ല കൂട്ടുകാരാണ് നിങ്ങളോ വിട പറയ ഇൻഷാല്ല എല്ലാവരും പ്രത്യേകം ദുഹായി ഉറക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ല കൂട്ടുകാരായി മാറാൻ അള്ളാഹുനാട്ടെ നമ്മുടെ സ്നേഹബന്ധം അള്ളാഹു തകർക്കാതിരിക്കട്ടെ ഞാൻ ഇത് പറയാൻ അങ്ങനെയുള്ള ചില ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഊഹാപോഹങ്ങളെ സൂക്ഷിക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ചിത്തനൊക്കെയാണ് പ്രകാശ വേഗതയെക്കാളും അതിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല കൂട്ടുകാരാ നല്ല കൂട്ടുകാരാണ് പരദ്രോഹിയെ നീ കൂട്ടിനായി പിടിക്കണ്ട പഠിക്കിരിലാ പാമ്പെപ്പോഴും മറക്കണ്ടങ്ങനെ പറയാൻ പറ്റും പരദ്രോഹിയെ നീ കൂട്ടിനായി പിടിക്കണ്ട പഠിക്കിരിലാ പാമ്പെപ്പോഴും മറക്കണ്ട പരദ്രോഹിയെ കൂട്ടിന്ന് പിടിക്കരുത് പാമ്പ് പഠിക്കുന്നുണ്ട് നോക്കിയിട്ട് നടത്തും പാമ്പെപ്പാടും പഠിക്കില്ലാണെന്ന് നിൽക്കുന്നത് അത് കുത്തി ആസനത്തിലാണ് അതുകൊണ്ട് നല്ല കൂട്ടുകാരായി മാറാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിച്ച് മാറാകട്ടെ എന്ന ഇൻഷാ അല്ലാ ഈ സദസ് വളരെ അനുഗ്രഹീതമാണ് നമുക്ക് ദുഹ ചെയ്യാം അള്ളാഹു സ്വീകരിക്കട്ടെ മൊഹമ്മദ്ാ ഹോലൈവല്ലം സ്വല്ലാ ഗോവലാ മൊഹമ്മദ്ാ ഹോ അലൈവല്ലം ോ അനാമ അമ്മത് കൊല്ലോ അനൈവ സം ലോ അനാമ അമ്മത് കൊല്ലോ അനൈവ സാഹോ അനാം അമ്മത് കൊല്ലുള്ള അനൈവ സം കൊല്ലോ അനാമ അമ്മത് കൊല്ലുള്ള അനൈവ സം കൊല്ലോ അനാമ അമ്മത് കൊല്ല ഭാദൈവ സല്ലം സഹോനാം മുഹമ്മദ് സല്ല ഭാദം സല്ല ഭഹമ്മ സല്ല ഭാദം സല്ല ഭത് اللهم صل على سيدنا محمد وعلى ال ال اهل البيت صل وسلم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين لك الحمد يا الله ولك الشكر يا الله اليك يرجع الامر كله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ربنا ولمنا انبسنا الا عندك لنا وارحمنا ان طولنا من الخاسرين ارحم الربي ما الله به परम दयालु يا تبرانه الله به دغه بابنا اللهم يغفرت ما طاقنا يا الله ഈ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുമ്പോ ഒരു പാപം പോലും അവശേഷിപ്പിക്കാതെ നിർമ്മല മനസ്സോടെ ഞങ്ങളെ വിട പറയിപ്പിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പാപം നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ആരോട് ചോദിക്കുമല്ലാഹുവേ കരുണക്കടലേ കരുണാധാരി അള്ളാഹിലെ ഞങ്ങളുടെ സർവപാപങ്ങളും പുറത്തു മാപ്പാക്കണേ അല്ലാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയവരുടെ കപരടം നീ വിശാലമാക്കണേ അല്ലാ നീ വിശാലമാക്കണേ അല്ലാഹുവേ ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയോ അള്ളാഹിലെ അവരുടെ കപരടത്തിലേക്ക് ഞങ്ങളോട് സ്വലാത്തിന്റെ പ്രതിബലം നീ എത്തിക്കണേ തമ്പുരാനെ എത്തിക്കണേ തമ്പുരാനെ എത്തിക്കണേ തമ്പുരാനെ എത്തിക്കണേ തമ്പുരാനെ അല്ലാവിതേ ഈ ആമീ പറയുന്ന പാവങ്ങളെ നീ കാണുന്നില്ലേ അല്ലാതെ മണിക്കൂറുകളോളം നിന്ന് നിന്ന് കൈകാലുകൾ ക്ഷീണിച്ചു തുടിച്ചു സമയം പോയതറിഞ്ഞില്ല പടച്ചവനെ അങ്ങകരതെന്ന് കട്ടപ്പാടുകൾ സഹിച്ചു ഓട്ടോ കൊള്ളിച്ചും നടന്നും ബത്തിൽ തിങ്ങിക്കയറി അള്ളാഹിലെ ഈ സദസ്സിന് ഈ ഒരു ആരുടെയും ഒരു പുറാതകളൊന്നും ഹാസിലാക്കാതല്ലേ അല്ലാ പടച്ചവനെ ഈ പതിനായിരങ്ങളുടെ പേര് പറയാൻ എനിക്കറിയില്ല ഞാൻ പറയുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ നിനക്കറിയാതം പുരാനെ ിനുരാനെ അള്ളാഹി വീടിൽ രോഗബാധിതരുണ്ട് രോഗം നൽകിയതയാക്കനല്ല ണയല്ലാതെ ഏത് രോഗമാണെങ്കിലും ക്യാൻസർ ബ്രെയിൻ ട്യൂമർ ആട്ടിന്റെ പ്രശ്നമുള്ളവരുണ്ട് ഉസ്താടയെ തൊണ്ടക്കുടിയിലൂടെ രക്തം അറിയാതെ വരുന്നെന്ന് പറഞ്ഞ ചെറുപ്പക്കാരുണ്ട് തടച്ചവനെ കാനിന് പ്രശ്നം ബാധിച്ചവരുണ്ട് ഉസ്താടെ നാട്ടിവിന് വയ്യാന്ന് പറഞ്ഞവരുണ്ട് ഓരോരുത്തരുടെയും ലോകം തന്നെ ചിതയാക്കണയല്ലാ അയ്യൂപ്പന പീഠമാരക രോഗത്തിന് വെറും പച്ചവെള്ളം കൊണ്ട് ശിവ കൊടുത്തറപ്പേ ടച്ചവനെയാമീ പറയുന്നതിൽ ഏതൊക്കെ രോഗികളുണ്ടോ ആ രോഗം നീ ശിപയാണയല്ല പൊന്നുമോനെ മുമ്പിൽ കൊണ്ടുവന്നു സാറേ പള്ളയിൽ ഓപ്പറേഷൻ കഴിഞ്ഞു ക്യാൻസറിന്റെ രണ്ടാമത് വീണ്ടും വളരുന്നു ഓപ്പറേഷൻ ചെയ്യണം ഉമ്മയും ഉപ്പയും വിടുമ്പി കരണ്ടിൽ നിന്നിറങ്ങുമ്പോ നിന്റെ കരുണയെല്ലാവരും മറ്റെന്താണുള്ളത് നീ ശിപയാച്ചനയല്ല പള്ളിയിലേക്ക് കൊത്തുവയ്ക്ക് പ്രസംഗം കഴിഞ്ഞ് ഓടിക്കേറുമ്പോ വടിയരിയിൽ നിന്ന ചെറുപ്പക്കാരനുസാറേ ഒരു പിരിവെടുത്തിരിക്കണം തരണം ഞാൻ എന്തോ വേഗത കൊണ്ട് ഓടിക്കയറിപ്പോയി പള്ളിയിലേക്ക് ജനയുടെ സമയമായി അതേ നിങ്ങൾക്കെന്നെ അറിയില്ലേ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിരോധിച്ചപ്പോ വരത്തെ കയ്യിൽ തോർത്തു കൊണ്ടു കൊണ്ട് പിടിച്ചിട്ടുണ്ട് ആ തോർത്തു കൊണ്ട് മാറ്റിയപ്പോ മോനെ നീയായിരുന്നോ എന്ന് ചോദിച്ചിട്ട് റൂമിൽ കയറ്റി ചായ എടുത്തു കൊടുക്കുമ്പോ ഉഷ്ടേ ചായ കുടിച്ചിട്ട് ആറു വർഷമായി കണ്ടോന്ന് ചോദിച്ച് വളരുഭാഗത്തെ തോർസ് കൊണ്ടു മാറ്റിയപ്പോ പപ്പടത്തിന്റെ വലിപ്പത്തിലും മോനയിൽ ക്യാൻസർ മാംസം പിഴുതുമാറി നിൽക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം വായിലൂടെ കുടിച്ചാൽ ആ വെള്ളം കവിളിന്റെ മറിഭാഗത്തൂടെ വെളിയിലോട്ട് പോകും ഏതോ വഴവിന് കണ്ട് പരിചയപ്പെട്ടൊരു ചെറുപ്പക്കാരനാണ് നി ശിവ നൽകണേ ദമ്പുരാനെ ഈ രോഗം ഇങ്ങനെ പടന്നു പിടിക്കുകയാണ് പൊടുന്നനെയുള്ള മരണങ്ങൾ രോഗാവസാനത്തിന്റെ അടയാളമാന്ന് പറഞ്ഞത് ഈ ക്യാൻസറിനെ കുറിച്ചാണോ പെട്ടെന്ന് പെട്ടെന്ന് കിടഞ്ഞു മരിക്കുമ്പോ പടച്ചവനെ ആ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഓരോരുത്തർക്കും ആർ സി കിടക്കുന്ന സഹോദരി അടക്കം അല്ലാഹിവേ വയനാട്ടിലെ സഹോദരി എത്ര എത്രയോ ആളുകളെ നീ ശിവേ തമ്പുരാനെ ശിവനൽകണേ തമ്പുരാനെ അള്ളാഹിവേ ഈ സദത്തിന് നിന്നോട് താണിക്കേണ് ചോദിക്കുകയാണ് മരിക്കുന്നത് വരെ ഞങ്ങളിൽ ആർക്കും നീ ആ രോഗം വരുന്നല്ലേ അള്ളാ േ ആർക്കും അങ്ങനൊരവസ്ഥ വരുത്തല്ലേ അള്ള പടച്ചവനെ ഞങ്ങളെ സ്നേഹിച്ചവര് ഇയാളൊന്നും മരിച്ചാ മതി എന്ന് കരുതുന്നൊരവസ്ഥയിൽ ഞങ്ങളെ നീ നരകിപ്പിക്കല്ലേ അല്ലാകെ നരകിപ്പിക്കല്ലേ അല്ലാ നരകിപ്പിക്കല്ലേ അല്ലാകെ പടച്ചവനെ ഞങ്ങൾ കൺമണികളെ പോലെ കരളിന് തുന്നേ സ്നേഹിക്കുന്ന പൊന്നുമക്കൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ആരും ഞങ്ങളൊരവസ്ഥയിലാകുന്നത് ഞങ്ങളെ എത്തിക്കല്ലേ അല്ല പടശനെ പടച്ചവനെ ബ്രെയിനിന് പ്രശ്നമുള്ളവർ വൃക്ഷയ്ക്ക് പ്രശ്നമുള്ളവർ ഉള്ളവർ കാലിന് തകരാറുള്ളവർ ഓർമ്മയ്ക്ക് പ്രശ്നമുള്ളവർ എത്ര എത്ര ആളുകൾ നീ അവർക്ക് ശിപ നൽകണയല്ല നീ ശിപ നൽകണയല്ല പടച്ചവനെ കൂലിപ്പണിക്കാരുണ്ട് ഓട്ടോറിക്ഷക്കാരുണ്ട് ഇതെല്ലാം മുടക്കിയിട്ട് കബീർ സാദിന്റെ കടത് കേൾക്കാൻ രണ്ടു ദിവസവും എത്രയോ ദുരിതം താണ്ടി ഇവർ വന്നതാണ് വന്നിട്ടും ദുരിതത്തിന്റെ മേൽ ദുരിതമായി മണിക്കൂറുകളോളം നിന്നിട്ടിവര് നിന്ന നോക്കുകയാണ് ആരെയും നീ കൈവിടല്ലേ അല്ലാഹ് കൈവിടല്ലേ അല്ലാഹേ കൈവിടല്ലേ അല്ലാ ആറായിരത്തി അറുന്നൂറ്ററുപത്തി ആറ് രൂപ വിവിധ മുണാദുകളായ എത്രയെത്രയോ സഹോദരങ്ങൾ അവരെ മക്കളെ നീ ഹാപ്പിങ്ങളാക്കണേയല്ല ആറായിരത്തി അറുന്നൂറ്ററുപത്തി ആറായത്തുകൾ നെങ്കില് ശിലയിൽ കൊത്തിവെച്ചതുപോലെ കൊത്തിവെച്ച നാ പ്ര സ്വർഗത്തിലേക്ക് പിടിച്ചു കെട്ടി പിടിച്ചു പോകുന്ന പൊന്നുമക്കളാക്കി കൊടുക്കണേ തമ്പുരാനെ അവരെ കച്ചവടങ്ങളില നീ പടക്കത്ത് നൽകണയല്ല പടച്ചവനെ അപകടങ്ങളിൽ നിന്ന് കാക്കണയല്ല പടച്ചവനെ അല്ലാഹുവേ അവരേത് മുറാദാണോ മനസ്സിൽ വെച്ചത് സന്താന സൗഭാഗ്യമില്ലാത്തവരുണ്ട് നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ ചക്കരിയാനവയ്ക്ക് മക്കളെ കൊടുത്തല്ലാഹുവേ പടച്ചവനെ അവർക്ക് സാരിഹീകളായ മക്കളെ കൊടുത്തനെ അല്ല ഈ വിനീതൻ വഴുതു പറയുന്ന ഏതൊക്കെ സ്ഥലത്തും ഈ വിനീതൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജും ആവശ്യയിലും ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി അറുപതെന്ന് സതൊക്കെ ചെയ്തവർ എല്ലാ സ്ഥലത്തിലും അവർക്ക് വേണ്ടി ധു ആ പറഞ്ഞതാണ് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പെരിന്തൽമണ്ണയിൽ ധ്വാ ചെയ്യുമെന്ന് എന്റെ കൂടെപ്പറപ്പുകളെ പോലെ സ്നേഹിക്കുന്ന എന്റെ മഹല്ലി നിവാസികൾക്ക് പറഞ്ഞു വന്നതാണ് എല്ലാവരുടെയും പുറാതെ പടച്ചവനെ അത്രയും ഇല്ലാണ്ടിട്ട് ബക്കറ്റിലുള്ളതിട്ട് ആളുകളുണ്ട് സാറേ ദാരിദ്ര്യമാനത്തിൽ ഒരു രൂപയിടാനില്ലെന്ന് പറഞ്ഞ് കണ്ണുനീർ തുള്ളി ബക്കറ്റിൽ ചാലിച്ചവരുണ്ട് ആരെയും നീ കൈവിടലെയല്ല അവരെ മുറാദുകൾ ഹാസിലാക്കണയല്ല അതിനുമുമ്പ് എന്ത് നീയത്താണോ പടച്ചവനെ നീത് സബലീകരിക്കണയല്ല സബലീകരിക്കണയല്ല ഈ സദത്തിന്റെ സംഘാടനത്തിനുവേണ്ടി പാടുപെട്ടവരല്ലാകെ പഠച്ചവനെ നീ അവർക്ക് ഹൈറായ പ്രതിഫലം നൽകണയല്ല ഹൈറായ പ്രതിഫലം നൽകണയല്ല അവര് നിന്റെ ധീനനെ ഏറ്റെടുത്തതുപോലെ അവരെ നീ ഏറ്റെടുക്കണയല്ലാഹുവേ അവർക്കെല്ലാവിധ കയറും വറക്കെട്ട് നൽകണയല്ല ഇന്നത്തെ ജമാത്തിന്റെ പാതയിൽ അവരെ നീ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ അല്ലാഹുവേ അതിനുവേണ്ടി കാരണക്കാരായവർ അർഹമായ പ്രതിഫലം നൽകണയല്ല പ്രതിഫലം നൽകണേ തമ്പുരാനെ അല്ലാഹുവേ വേണ്ടപ്പെട്ട സഹോദരൻ ഇറങ്ങാൻ നിരത്തുത്താലേ ഈ കാര്യങ്ങളൊക്കെ നടന്നാലേ ഞാനൊന്ന് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് പടച്ചവനെ ജീവനതുല്യ സ്നേഹിക്കുന്നവർ ആ കാര്യങ്ങളൊക്കെ നീ കൈറാക്കി നടക്കണേ അല്ല ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കണേ ഗമ്പുരാനെ അല്ലാഹുവേ അല്ലാഹു ഇതിനു വേണ്ടി പന്തൽ ചെയ്തവർ പടച്ചവനെ ഇതിനു വേണ്ടി പരസ്യം ചെയ്തവർ എൻ ഡി സി മജീദ് സാഹിബ് ഹൈടെക്കിന്റേതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹിവേ നീ നല്ല പരിപാലം നൽകണേ അല്ലാഹു പടച്ചവനെ ഈ നഗരത്തിൽ ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്ന ഓരോരുത്തരും അവരെ കച്ചവടത്തിന് പറക്കത്ത് നൽകണേ അല്ലാ പടച്ചവനെ തൊഴിലാളികളുണ്ട് പല ജോലി ചെയ്യുന്നവരുണ്ട് അവരൊന്ന് ആരോഗ്യവിചാര കിടത്തിക്കളയല്ലേ അള്ളാഹ് പടച്ചവനെ അള്ളാഹേ അള്ളാഹുവേ അല്ലാഹു ഈ സദത്തിന്റെ ഒരു പ്രകാശം പോലെ കടന്നുവന്ന ബഹുമാനപ്പെട്ട അബ്ബാസ് അലീ ഫിഹാപുരങ്ങൾ ബഹുമാനനായ ഹമീദ് അലീ സിഹാപുരങ്ങൾ ബഹുമാനായ ബഹുമാനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഖിലബൈസിന്റെ നേതാക്കന്മാർ പ്രധാനപ്പെട്ട അലി സാഹിബ് അള്ളാഹിലെ ഇവിടേക്ക് കടന്നു വന്ന അഖിലബൈസിന്റെ ഓരോ പ്രതിനിധികൾ ബഹുമാനായ സേഫനാ ബാപ്പുസ്താദവരുകൾ ഏലംകുളം ഉസ്താദവരുകൾ അള്ളാഹിലെ അള്ളാഹിതേ അവർക്കെല്ലാം നീ കയറ് നൽകണേ തമ്പുരാനെ കയറ് നൽകണേ തമ്പുരാനെ അള്ളാഹിലെ ഹജ്ജ് കമ്മറ്റിയുടെ ചുമതല ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾക്ക് നല്ല രീതിയിലൂടെ നിർവഹിക്കാൻ നീ അവസ്ഥകൾ നൽകണേ തമ്പുരാനെ തമ്പുരാനെ അവർക്കൊക്കെ ആരോഗ്യത്തോളം ദീർഘായു നൽകണേയല്ല പടച്ചവനെ ഈ ചേതിയിൽ ഉപവിഷ്ടരായവർ പടച്ചവനെ ഇവിടെ എത്തിക്കൂടിയ ഓരോരുത്തരും അവരാരെയും നീ കൈവിടല്ലേ തമ്പുരാനെ അള്ളാഹുബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേല്ല മുണ്ടും മുറുകിയെടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളുടെ നൽകണല്ല അവരുടെ കഷ്ടപ്പാടിന് പകരം തിരിച്ചുപിടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാഹേ നീ അവർക്ക് കൊടുക്കണയല്ല അതേ മക്കൾക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞ അവരാതി പറഞ്ഞ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ നല്ല ബുദ്ധി കൊടുക്കണേതും പുരാന് തളർന്നു ഉമ്മയ്ക്ക് വേണ്ടി ചതക്കട ചെയ്തവരുണ്ട് അള്ളാഹിവേ അവരുടെ ഉമ്മയ്ക്കിന് ആരോഗ്യം നൽകണയല്ല ആരോഗ്യം നൽകണയല്ല ആരോഗ്യം നൽകണയല്ല ഞങ്ങളുടെ ഭാര്യമാരനെ ചാലികാത്തുകളാക്കണയല്ല ദുനിയാവിന് ഞങ്ങളെ കൈപിടിച്ച് നടന്നൊരു ഓരോ സ്വർഗത്തിലും കൈപിടിച്ച് നടത്തിക്കണയല്ല നീ ഞങ്ങൾ കിടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ പൊന്ന മക്കളാണ് ഞങ്ങളീ കഷ്ടപ്പെടുന്നത് മുഴുവനും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് അല്ലാഹു ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും അവരെ നീ അനുഭവിപ്പിക്കാൻ വരുത്തല്ലേ അല്ല ആഹുലിയങ്ങളും ആരുമ്യങ്ങളുമാക്കി മാറ്റി ഞങ്ങളുടെ കൈ അപകടത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് अल्लाह म मे का അള്ളാഹിവെ തളർന്നു കിടക്കുന്ന മക്കൾ ഈ സ്റ്റേജിലേക്ക് കയറി വന്നു കരുണക്കടലേ കരുണയുടെ നോക്കം നോക്കണേ അല്ലാ പടച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാര് എല്ലാ തിരക്കും മാറ്റിവെച്ച് സ്വർണ്ണാഭരണങ്ങളെ കയ്യിലൂരുക്കുന്ന സഹോദരിമാര് കാതിൽ കിടന്ന കൊലിസ് കാതിൽ കിടന്ന കമ്മലിൽ കയ്യിൽ കിടന്ന വളയും മോതിരവും കരുത്തിൽ കിടന്ന മിന്നുന്ന മാലയും അല്ലാഹു അതിനേക്കാൾ മിന്നുന്ന സ്വരകത്തിൽ മക്കൾക്ക് വേണ്ടി തരക്കരയിലെ സഹോദരിമാർ ആ മക്കൾക്കിന് ീങ്ങളാക്കി കൊടുക്കണയല്ല ഉമ്മ മരിച്ചാലും കപരടത്തിൽ ദാചെയ്യുന്ന പൊന്നുമക്കളാക്കണയല്ല ഈ സഹോദരിമാരു കുടുംബത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളുണ്ട് മാറ്റണേ അല്ലാഹുവേ വടച്ചവനെ അവരുടെ എല്ലാ വ്യസനങ്ങളും മാറ്റി അള്ളാഹുവേ എന്ത് ദുഃഖിച്ചാലും പൊന്നുമക്കൾ വളർന്നു വന്ന എനിക്കൊരത്താണിയാകുമെന്ന് കരുതി വളർത്തുന്ന പൊന്നുമ്മമാർ ആ പൊതീഷനെ അസ്ഥാനത്താക്കല്ല അച്ഛവനെ ഞങ്ങളുടെ മക്കളെ എന്നും കാണാൻ ഈ സൗപിക്ക് നൽകണയല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ കുഴിമാടത്തിൽ പിടിമണ്ണുവാരിടേണ്ട ഒരവസ്ഥ ഞങ്ങളിലെത്തിക്കല്ലറബ സഹിക്കാൻ കഴിയില്ല അള്ളാകുക സഹിക്കാൻ കഴിയില്ല അള്ളാകുക ഇവിടെ എത്തിച്ചേർന്ന എത്രയെത്ര ആലിമീങ്ങളുണ്ട് നീ അവർക്ക് തൈറ് നൽകണേ ഗംപുരാനെ മുത്താലിമീങ്ങളുണ്ട് നീ തൈര് നൽകണയല്ല വോളണ്ടിയേഴ്സ് ഉണ്ട് നീ നന്മ നൽകണയല്ല പടച്ചവനെ എന്ത് പറഞ്ഞാലും ഈ പാവപ്പെട്ടവന്റെ നാവ് കുഴയുകയാണ് രണ്ടു ദിവസം സ്നേഹത്തിന്റെ ഒരു സാഗരം തീർത്ത ഈ സദസ്സിനോട് എങ്ങനെയാണ് വിട പറയുക ഇവിടെ വന്ന ആരെയും നീ നിരാശയുടെ ഒരു ബോധത്തിലേക്ക് പോകല്ലേ അല്ല ചെറുപ്പക്കാരന്റെ നല്ല ജോലി കൊടുക്കണേ തമ്പുരാനെ പഠനം കഴിഞ്ഞവരുണ്ട് നല്ല ജോലി കൊടുക്കണേ അള്ളാഹേ പടച്ചവനെ ആശുപത്രിയിൽ തളന്നു കിടക്കുന്നവരുണ്ട് മാറ്റിപ്പൊടുക്കണയല്ല വസുവാസുള്ളവരുണ്ട് മാറ്റണേയല്ല പടച്ചവനെ ആരൊക്കെ ആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവർക്ക് നന്മ നൽകണേ തമ്പുരാനെ അവസാനം മരിക്കുന്ന നേരെ കെരുമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിപ്പിക്കണേല്ല സ്വർഗം കണ്ട് മരിപ്പിക്കണയല്ല ഇവിടെ എത്തിയപ്പോൾ ഈ വിനീതിന് ഭക്ഷണം കുടുംബത്തിൽ പ്രിയപ്പെട്ട സ്നേഹിതന്റെ കുടുംബത്തിന് പറക്കട്ട് നൽകണയല്ലാതെ ഇത്താറ് നൽകിയ കുടുംബത്തിലും പറക്കത്ത് നൽകണയല്ല മക്കളനീ കൈവിളാക്കണേ അല്ല പടച്ചവനെ അള്ളാഹിവേ ഈ വിനീതന്റെ ഈ പ്രഭാഷണം ഏറെ കഷ്ടപ്പെട്ട് എത്രയോ കഷ്ടപ്പെട്ട് രാ പകലുകൾ ഉറക്കമളച്ച് ഈ ജനങ്ങളിലെത്തിക്കുന്ന കമലാസുറയ ഇമി പബ്ലിക്കേഷൻ അള്ളാഹിവേ നീ വരക്കം എല്ലാ പതിപ്പിടവും നൽകണേയല്ലാ അവര മക്കളിലും കുടുംബത്തിലും നീ വറക്കത്ത് നൽകണേദം പുരാനെ പടച്ചവനെ വിനീതന്റെ കൂടെ നെടലുപോലെ നടത്തുന്ന ഷഹബാസ് എന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവേ നീ എല്ലാവിധ തൈറും നൽകി നല്ല ഒരു ഭാവിയിലേക്ക് നയിപ്പിക്കണേ െ ഞങ്ങൾ ഇന്നിവിടെ നിന്ന് പിരിയുകയാണുള്ള ഇനി എന്ന് കാണാൻ കഴിയും ഉറപ്പില്ല തമ്പുരാന ഇനി കാണാൻ കഴിയുന്നില്ലെങ്കിൽ സ്വതകത്തിന്റെ കവാറത്തിൽ ഞങ്ങൾ ഒരുമിച്ചുകൂട്ടണയല്ല ഒരുമിച്ച് കൂട്ടണയല്ല ഇങ്ങനെ തിങ്ങിനിറഞ്ഞ് സ്വതകത്തിന്റെ പാനീയം കുടിച്ച് സ്വതകക്കട്ടിലെ ശാരീരം പരസ്പരം പറയുന്നിൽ ഞങ്ങളെ പെടുത്തനേതം പുരാനെ ഉള്ളാകെ നമ്മുടെ സ്വീകരിക്കണ ഉള്ളാകെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർ പടച്ചവനെ അവര് മനസ്സിൽ എന്ത് ആഗ്രഹിച്ചിട്ടാണോ ഈ അമീൻ പറഞ്ഞത് ആഗ്രഹം നീ ഹലാലായിരിക്കും കടബാധിതകളൊക്കെ മുങ്ങി നിൽക്കുന്ന ധാരാളം കച്ചവടക്കാരുടെ അതെല്ലാം കരകെട്ടി കൊടുക്കൽ വാദി വസ്തുവൊക്കെ വാങ്ങിച്ചിട്ട് കഷ്ടപ്പെടുന്നവരൊക്കെ നീ നല്ല രീതിയിൽ വിട്ടുകൊടുത്ത തമ്പുരാനെ പടച്ചവനെ ഈ വിനീതിന് വേറെ വേണ്ടപ്പെട്ടവരുണ്ടല്ലാഹു നീ ആ ബന്ധം ഒക്കെ നിലനിൽക്കുന്ന അള്ളാഹു പടച്ചവനെ ഇവിടെ സഹോദരിമാർ ഉമ്മമാർ വൃദ്ധകളുണ്ട് വൃദ്ധന്മാരുണ്ട് അവർക്കൊക്കെ ഞായൊരു ആരോഗ്യ സൗഖ്യം കൊടുക്കണേ അല്ലാഹ് മരത്ത് നിർത്തു പെയ്തതുപോലെ അനുഗ്രഹത്തിന്റെ പ്രഭാവം മുറിച്ച് പെയ്തു തരണേ തമ്പൂരാന് ജയിലിൽ കുടിഞ്ഞിട്ട് വരാൻ കഴിയാത്തൊരു സഹോദരൻ ആറായിരത്തി എറുനൂറ്റിഅറുപത്താറോ സദസ്സരി ഉണ്ടല്ലാഹിവേ എന്നിട്ട് ജയിലിൽ നിന്ന് മോചനം കൊടുത്ത് തിരിച്ചു വരുത്തണേ അല്ലാഹേ ചല്ലൂരിൽ പ്രിയപ്പെട്ട സുഹൃത്ത് വാപ്പുവിന്റെ നാട്ടിൽ വാതിന് വരുമ്പോ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ധിക്ക് വഴിയോര റെസ്റ്റോറിലേക്ക് കിടക്കുമ്പോൾ ഒരു കുഞ്ഞുമോ നിസാദെ വാപ്പ ഗൾഫിൽ പോയിട്ട് എട്ട് വർഷമായി ഞാൻ ഇതേവരെ ഉപ്പാന്റെ മുഖം കണ്ടിട്ടില്ല ഉപ്പാടെ കുടുങ്ങിക്കിടക്കാണ് വരാണ്ടു ആ ചെയ്യണമെന്ന് പറഞ്ഞൊരു കുഞ്ഞുമോൻ അള്ളാഹുബെ ചത്തല്ലൂർ ആറായിരത്തിഅറുന്നൂറ്റിഅറുപത്തി ആറ് കൊടുത്തു ആ ചെയ്തു ഇന്ന് രാവിലെ ആ കൊന്നു വിളിച്ചു സാധേ എന്റെ ഉപ്പാടെ ഞാൻ കണ്ടു ശ്രദ്ധ അന്നേരത്തുട്ടാതെ എന്റെ ഉപ്പ തിരിച്ചു വന്ന് ഞാൻ എന്റെ ഉപ്പാനെ കണ്ടു അള്ളാഹുബേ ജയിലിൽ കുരുങ്ങിയവർ പടച്ചവനെയും മഴ ഞങ്ങളുടെ ദുഹ സ്വീകരിക്കുന്ന അടയാളമാക്കണേ അള്ളാ അള്ളാഹുബേ എന്റെ റഹ്മത്താണല്ലോ അള്ളാഹ എന്റെ ഞങ്ങളുടെ ദുഹ സ്വീകരിക്കുന്ന അടയാളമാക്കണേ അള്ളാഹുബേ ഞങ്ങളുടെ ദുവാകളെ സ്വീകരിക്കണേ തമ്പുരാന് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേന ഇന്ന കാന്തൂറീ ഇൻഷാള്ള എന്റെ എല്ലാ ദിവസേ വാക്ക് കേൾക്കാൻ എത്തിയവർ പ്രതിഫലം നൽകണേ എന്ന് പറയുമ്പോൾ ഇൻഷാല് ഉണ്ടാവും നിങ്ങളുടെ ദൈവായിൽ എന്നെയും മറക്കരുത് ആ വസീയത്തോടെ നിങ്ങളുടെ പാവപ്പെട്ട സ്നേഹിതൻ